പരം വ്യാ വിഷമാണി മതൂനി ച വിശ്വാസ ഭൂതമ വിഷമാണി മൃദൂരിച്ച സർവാണി ഭൂത സമസാരൻ മാതരി ഇവ പരം വിശ്വാസം ഞാൻ സ്പഷ്ടമാണ് വിഷമാണി മൃഗോനില സർവാണി ഭംഗാളി വിഷമവും മൃഗവും രഥഗ്രദ്ധ സ്വഭാവവും ശാന്തസ്വഭാവം നമുക്ക് ക്രൂരതയില്ലാത്തത് ജീവിതം മനുഷ്യരുൾപ്പെടെയുള്ളത് മോഷ്ടമാണ് നേരെ വേദിയിലും വളരെ ക്രൂരസ്വഭാവമാണ് ചതിവന്മാർ വഞ്ചകന്മാർ തട്ടിപ്പുകാർ അട്ടിപ്പുകാറ് അല്ല സർവാണി ഭൂതാനികൾ സർവപ്രാണികളും മനുഷ്യനും ഉൾപ്പെടുത്താം ഭൂതന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ഉൾപ്പെടുന്ന സമശാലി സമുള്ള ഒരു വ്യക്തി ശാന്തനായ വ്യക്തി ഒരു മനുഷ്യൻ ശാന്തിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശാന്തിയുടെ സ്വാധീന സമൂഹത്തിൽ എങ്ങനെ എന്നുള്ള ശാന്തരായ മനുഷ്യൻ എങ്ങനെ സ്വാധീനിക്കുന്നു മാതരെയുള്ള സ്വന്തം അമ്മയിലെന്നതുപോലെ പരമവിശ്വാസം പരമമായ വിശ്വാസം അവരെ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ അത്തരം വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അവരെ അവരെ വിശ്വസിച്ചെന്ന് വെച്ചാൽ അവരുടെ അത്തരം വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അവർക്ക് യാതൊരു ഭയമില്ല പൂർണ്ണമായ സുരക്ഷിതത്വത്തോടും ഇരിക്കും അത് ശാന്തി ഒരു വ്യക്തിയിലെ ശാന്തി മറ്റുള്ളവരുടെ വിശ്വാസത്തിന് കാരണം അങ്ങനെയുള്ളവരെ എല്ലാവരും വിശ്വസിക്കും മനുഷ്യനും മൃഗങ്ങളും എല്ലാം വിശ്വസിക്കുന്നു അപ്പൊ അത് അതിന്റെ യുക്തി വളരെ സിമ്പിളാണ് ഒരു മനുഷ്യൻ നമ്മളെ ചതിക്കില്ല പറ്റിക്കില്ല വഞ്ചിക്കില്ല ഉപദ്രവിക്കില്ല എന്നത് നമുക്ക് തോന്നിയാൽ നമ്മളാ മനുഷ്യനെ വിശ്വസി ഇത്രയു അത് ശാന്തനായ മനുഷ്യൻ എന്നുകൊണ്ട് പറയും ശാന്തനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാത്ത ആളാണ് ആഗ്രഹങ്ങളൊന്നുമില്ല മറ്റുള്ളവരെ തട്ടിച്ചെന്തെങ്കിലും നേടണമെന്നാകില്ല അത് സ്വസ്ഥമായും ശാന്തമായും ജീവിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൂരതയുള്ള മനുഷ്യർ പോലും ജീവികൾ പോലും അവരുടെ അവരെ വിശ്വസിച്ച് പെരുമാറും അവിടെ അവിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തുമാണ് വിശ്വാസം അതുകൊണ്ടാണ് മനുഷ്യന്റെ ഈശ്വര വിശ്വാസം കാരണം മനുഷ്യരെ വിശ്വസിക്കുന്നതിനും സൗകര്യം ഈശ്വരനെ വിശ്വസിക്കുന്നു കാരണം ഈശ്വരനുമായിട്ട് നേരിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ധൈര്യമായി വിശ്വസിക്കും കാരണം മനുഷ്യരെ നമ്മള് പരസ്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ ചെലവെച്ചറിയും തിരിച്ച് വിശ്വാസത്തിന് തിരിച്ചടിയുണ്ടാവും ഈശ്വരനാകുമ്പോ പ്രശ്നമില്ലാട് പ്രത്യക്ഷ വ്യവഹാരമൊന്നും ഇല്ലല്ലോ ഈശ്വരൻ തന്റെ വിശ്വാസത്തിൽ ഇരിക്കുന്നു തന്റെ വിശ്വാസത്തിൽ ഇരിക്കുന്നു ആ ഈശ്വരനോടാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യന് ലോക ജനസംഖ്യയെ എഴുപത്തഞ്ച് ശതമാനം വിശ്വാസിക്കുന്നു ഇരുപത്തിയഞ്ച് ശതമാനം വിശ്വാസിക്കുന്ന വെച്ചാൽ മനുഷ്യനെ വിശ്വസിക്കുന്നവരെന്നല്ല ദൈവത്തെ എഴുപത്തിയഞ്ച് ശതമാനവും ദൈവത്തെ വിശ്വസിക്കുന്നതാണ് ഇരുപത്തഞ്ച് ശതമാനം ദൈവത്തെ വിശ്വസിക്കാത്തവരാണ് ഇനി വരച്ച് വിശ്വാസമില്ലാത്തവരല്ല ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നുണ്ട് മറ്റ് സംവിധാനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പ്രകൃതി വിശ്വസിക്കുന്നുണ്ട് അതൊക്കെ പക്ഷെ വിശ്വസം എന്ന് പറയുന്ന അലൗകികയമായോ അതീന്ദ്രിയുമായോ ഒരു ശക്തിയെ രക്ഷതനായി വിശ്വസിക്കുന്ന ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം പേരായി അല്ലെങ്കിൽ എഴുപത് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം കുറയ്ക്കും ആ വിശ്വാസം എന്തുകൊണ്ട് നിൽക്കുന്നു കാരണം വിശ്വാസമെന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യാശത്തിന്റെ ഭൗതികമായി മനുഷ്യന് ഒന്നിനെയും വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിയാതെ വരുമ്പോഴും പിന്നെ പ്രശ്നങ്ങൾക്ക് ഭൗതികമായ ഓരോ ആശയങ്ങളിൽ നിന്നും പരിഹാരം കിട്ടാതെ വരുമ്പോഴും ഈശ്വരനെ വിശ്വസിക്കുകയും ആ വിശ്വാസം കൊണ്ട് പ്രതീക്ഷിക്കുന്നു പ്രത്യാസ എന്ന് പറഞ്ഞത് അപ്പൊ സഹായം ഈശ്വരനിൽ നിന്ന് കിട്ടും അത് മനുഷ്യനെ ഇന്നുവരെയും മനുഷ്യനെ സഹായിച്ചോട്ടുന്ന ഒരു കാര്യമാണ് മനുഷ്യന് മുന്നോട്ട് പോകാൻ അവന്റെ ബുദ്ധി ശക്തി കഴിവ് പലതരത്തിലുള്ള സാമർഥ്യങ്ങൾ ഇതെല്ലാം പരാജയപ്പെട്ടു പോകുമ്പോഴും തളർന്നു പോകുന്നു വിശ്വാസം മനുഷ്യന് മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കും ജീവിക്കാൻ വളരെ പ്രതികൂലമായ വിപരീതമായ സാഹചര്യങ്ങളെ അവനോട് മല്ലടിക്കാനും എങ്ങനെങ്കിലും മുമ്പോട്ട് പോകാൻ അവനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവരും വരുന്നു വിശ്വാസം അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ വിശ്വാസത്തിനൊരു വലിയ സ്ഥാനമാണ് ഇന്നുവരെ മനുഷ്യൻ അവന്റെ പരിണാമത്തിൽ അവൻ അതിജീവിച്ചതിന് ഒരു പ്രധാന കാരണം പറയുന്നു വിശ്വാസം നമ്മുടെ പൂർവികന്മാർ പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്നവരും എല്ലാം വിശ്വാസത്തിലൂടെയാണ് അവര് ആ വിശ്വാസം പരിണാമപരമായി നമുക്ക് പറ്റിയ പെട്ടെന്നൊരാൾ കണ്ടെത്തി എന്നുണ്ട് ഒരു വിശ്വസിച്ചത് അവരുടെ ചുറ്റുപാടുള്ള പ്രകൃതിയെ അവരെ സഹകരിക്കുന്നവരെ ഭാവിയിൽ സംഭവിക്കുമെന്ന് കരുതുന്ന സംഭവങ്ങൾ നാളെ ഇത് സംഭവിക്കും നാളെ മഴ പെയ്യും എന്ന് വിശ്വസിച്ചു മഴ പെയ്യത്തില്ല എന്ന് പ്ലാൻ ചെയ്യും അതിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളതാണ് വിശപ്പുള്ള മനുഷ്യരെ ആദ്യകാലത്ത് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ജീവിച്ചു നമ്മുടെ പൂർവന്മാരാണ് അത് ശരിക്കും മനുഷ്യരായിട്ടില്ല മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഇവരാദ്യം ഈ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും കുഴികളിൽ വീട് കിടക്കുന്ന മൃഗങ്ങളെ കാണാം അപ്പം അവർ മനസ്സിലാക്കും ഇത് എളുപ്പമാണല്ലോ ഇതിനെ കൊല്ലാൻ അവരതിനെ കൊല്ലും കൂടെ രക്ഷപ്പെടത്തില്ല പ്രണവിന്റെ ബുദ്ധി ഉണ്ടാകുന്നു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കുഴി ഉണ്ടാക്കിയിടാം അപ്പം അതിനെ ചാടും അപ്പം അതിനെ പിടിച്ചെല്ലാം ബുദ്ധി വർക്ക് ചെയ്യുന്നു വികസിക്കുന്നു കുഴി ഉണ്ടാക്കിയിട്ട് എന്തെയും വിശപ്പോ കൂടി അവനതിന്റെ ദൂരവൻ കാത്തിരിക്കും ഒരേ വന്നാടും അതാണ് വിശ്വാസം ആളെ സംഭവിക്കാൻ പോകുന്ന കാര്യം സംഭവിക്കുമെന്ന് അവന്റെ മനസ്സിലൊരു വിശ്വാസം അങ്ങനെ കാത്തിരിക്കുമ്പോൾ മാന വന്ന് കുഴിച്ച് അവനെ കുടിച്ചിട്ടില്ല അങ്ങനെയാണ് മനുഷ്യൻ്റെ വിശ്വാസം വന്നത് അല്ലാതെ ബൈബിളോ ഖുറാനോ ഭേദമോ ഒന്നും വായിച്ചിട്ടില്ല മനുഷ്യന് വിശ്വാസം നിങ്ങളാരും പോയി മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് പരിണാമപരമായ മനുഷ്യൻ വന്നാണ് അത് വളർന്നു പ്രകൃതി ശക്തികളിലും പിന്നെ അതീന്ദരിമായ കാര്യങ്ങളിലും മരണാനന്തര ജീവിതത്തിലും അങ്ങനെ അങ്ങനെ പല ദൈവങ്ങളിലും പിന്നീട് ഏകദൈവത്തിലും ശക്തി പലതരത്തിലെ മനുഷ്യൻ വിശ്വസിക്കുന്നു മനുഷ്യന്റെ എക്കാലത്തും മനുഷ്യന്റെ ഏറ്റവും ശക്തിയുള്ള കായതുമായിട്ട് നിന്നും അങ്ങനെ അതുകൊണ്ട് വിശ്വാസമില്ലാത്ത മനുഷ്യരേ ഇല്ല വിശ്വസിക്കുന്ന വിഷയങ്ങൾ വരാണെന്ന് പറഞ്ഞത് നാസ്തികന്മാർ അജ്ഞേയവാദികൾ സംശയവാദികൾ പല ഗ്രൂപ്പ് ഉണ്ട് അവരുടെ അവരെല്ലാവർക്കും വിശ്വാസങ്ങളുണ്ട് അവരെന്തെങ്കിലുമൊക്കെ വിശ്വസിക്കും അത് ശരിയാണ് പ്രപഞ്ചാതീതമായ ഒരു അതീന്ദ്രിയ ശക്തിയിൽ അവരെ വിശ്വസിക്കുന്നതില്ലവര് അവരവിശ്വാസികളെന്ന് പറയും അങ്ങനെ അവിശ്വാസികൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും അവിശ്വാസികളാണ് എന്തുകൊണ്ട് നമ്മളെന്തായാലും അവിശ്വാസികളാണ് നാസ്തികമാരെ നിങ്ങളെ അവിശ്വാസികളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അവിശ്വാസികളാണ് ഒരു സംശയം എന്തുകൊണ്ടാണ് നിങ്ങൾ ബൈബിളിൽ പറയുന്നില്ല ദൈവത്തെ വിശ്വസിക്കില്ല നിങ്ങൾ ഭഗവത്ഗീതയിൽ പറയും ദൈവത്തിനെ വിശ്വസിക്കുക ഇപ്പം ദൈവത്തെ വിശ്വസിക്കാത്തവരാണ് ഖുർാനിൽ പറയും ദൈവത്തെ വിശ്വസിക്കില്ല നിങ്ങളും അവിശ്വാസിക്കും ഓരോ മതവിശ്വാസികളും ഒരേ സമയം വിശ്വാസികളും അവിശ്വാസികളുമാണ് എന്ത് തന്നെ നാസികന്മാരും ചെയ്യുന്നു അവരീ ലോകത്തിലെ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുന്നില്ല നിങ്ങളും പല ദൈവങ്ങളിലും വിശ്വസിക്കില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രത്യേക ദൈവങ്ങളുണ്ട് നിങ്ങൾ നാസികന്മാരാണ് വിശ്വാസത്തിൻ്റെ കാര്യം ഇതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമുണ്ടെന്ന് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ധരിക്കുന്നു ഏത് മനുഷ്യൻ ഭൗതികമായ മനുഷ്യൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഓരോ സംവിധാനങ്ങളിൽ അവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ചിലർ കാപിറ്റലിസത്തെ വിശ്വസിക്കുന്നു ചിലർ മാർക്സി വിശ്വസിക്കുന്നു ചിലര് സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നു ചിലര് മിക്സഡ് എക്കോണമി വിശ്വസിക്കുന്നു പലതരത്തിലുള്ള വിശ്വാസം പറയണം ആ ദൈവത്തെ വിശ്വസിക്കുകയും ഇപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ദൈവത്തിനെ വിശ്വസിക്കുന്നു വേറെ പോലെ ദൈവത്തെ നമ്മൾ വിശ്വസിക്കും അതിനെ നിഷേധിക്കുകയും നമ്മൾ നാസ്തികന്മാരാണ് അതിനൊക്കെ നിഷേധിക്കും ആ ദൈവമേ ശരി വിവരമില്ലാത്തവന്മാരുടെ വിശ്വാസം വിശ്വാസം ആപൈക്ഷികമാണ് പക്ഷെ മനുഷ്യന്റെ ഏതെങ്കിലും തരത്തിൽ എല്ലാ മനുഷ്യന്റെ പരിണാമം ആരംഭിച്ച കാലം പോലെ ഇന്നു വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് അന്നും ഇന്നും അതുകൊണ്ടാണ് മനുഷ്യന് മുന്നോട്ട് അത് പ്രധാനമായിട്ടും ഈശ്വര വിശ്വാസം ആ ഈശ്വരവിശ്വാസത്തെ കളം പലപ്പോഴും നല്ലത് പല സമയത്തും നമുക്ക് ഉപകരിക്കുന്നത് മനുഷ്യനെ വിശ്വസിക്കുന്നു ഈ പറയുന്നത് ശാന്തനായ ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം മനസ്സിലാക്കിയതാണ് വിശ്വാസ യോഗ്യനായ ഒരാളെ വിശ്വസിക്കുന്നു നമ്മൾ ശാന്തി കൊണ്ട് വിശ്വസിക്കുക നമുക്ക് തോന്നണം ഈ വ്യക്തി വിശ്വസിക്കാൻ യോഗ്യനാണ് വിശ്വസിക്കാൻ യോഗ്യനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കും അല്ലെങ്കിൽ വിശ്വസിക്കും അത് ശാന്തനോ അശാന്തിനോ എന്നുള്ള ശ്രമിക്കും ശാന്തി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് വിശ്വാസയോഗ്യനായ ഒരു വ്യക്തി അതിൻ്റെ ഒരു അടയാളമായിട്ട് ശാന്തി അങ്ങനെ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നത് പലപ്പോഴും നമുക്ക് അതീന്ദ്രിയമായ ഒരു ഈശ്വരനെ വിശ്വസിക്കുന്നതിന് ഗുണം ചെയ്യുന്നതാണ് എന്തുകൊണ്ടത് ഈശ്വരനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവലാതികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നേരിട്ട് പോതിരിക്കാൻ പറ്റും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത്രയേ ഉള്ളൂ നേരിട്ടൊരു പാടില്ല കാരണം നമ്മൾ പ്രാർത്ഥിക്കും പരിഭവങ്ങളൊക്കെ പറയും നിലവില ആവലാദികൾ പറയും ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളൂ നേരിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈശ്വരനെ കണ്ട് നേരിട്ട് എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റും പക്ഷേ വിശ്വാസയോഗ്യനായ മനുഷ്യനാണെങ്കിലും ശാന്തനായ മനുഷ്യനാണെങ്കിലും നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതുതന്നെയാണ് നമ്മളും പ്രശ്നങ്ങൾ പറയാം പരിഹാരം തേടാം അപ്പം നേരിട്ട് കിട്ടുന്ന പരിഹാരങ്ങൾ അതി അലൗകികമായി അതീന്ദ്രിയുമായി കിട്ടുന്ന പരിഹാരങ്ങളെക്കാളും ഉപകരിക്കുന്ന അത്യാവശ്യത്തെ ജീവിത നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഉപകരിക്കുന്നത് പ്രപഞ്ചാതീതമായ ഈശ്വര ശക്തിയിൽ വിശ്വസിക്കുന്നതിനും ഈ പ്രപഞ്ചത്തിലൂടെ ജീവിക്കുന്ന ഈ പറയുന്ന വിശ്വാസയോഗ്യനായ ഒരു മനുഷ്യനും വിശ്വസിക്കുന്ന പിന്നെ മനുഷ്യർക്ക് ചില നിർബന്ധങ്ങളൊക്കെയാണ് എന്താണ് ഞാൻ ഇന്നത്തെ വിശ്വസിക്കത്തും നമുക്കുള്ള നിർബന്ധം പോലെയാണ് നമ്മൾ പറയുന്നില്ല ഞാൻ വിഷ്ണുവിനെ വിശ്വസിക്കത്തും ശിവനെ വിശ്വസിക്കട്ടെ ഭർത്താവിനെ വിശ്വസിക്കത്തില്ല അള്ളാവിനെ വിശ്വസിക്കത്തില്ല ഇതുപോലെയുള്ള ചില നിർബന്ധങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മനുഷ്യരെ വിശ്വസിക്കാം വിശ്വാസയോഗ്യരായ മനുഷ്യരെ വിശ്വസിക്കാം മറിച്ച് നമ്മൾ അതീന്ദ്രിയമായ ദൈവത്തെ വിശ്വസിക്കാതെയാണ് അവര് ഈ പറയുന്നതിനോട് നിർബന്ധ ബുദ്ധി എന്നുള്ളത് ശരിക്കും നമുക്ക് പ്രയോജനപ്പെടുന്നത് നമ്മുടെ ജീവിത അനുഭവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് പ്രായോഗികമായി നോക്കിക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസയോഗ്യരായ മനുഷ്യരിൽ വിശ്വസിക്കുന്ന അവർ നമുക്ക് നേരിട്ട് സഹായം കിട്ടും മറ്റങ്ങനെയല്ല സഹായം നമ്മൾ പ്രതീക്ഷിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കും ഇത് ഒരു വ്യക്തിയിൽ വിശ്വസിക്കാമെന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ് ഞാനങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാകുന്നു ഞാൻ വിശ്വാസിയാണ് ദൈവത്തെ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല നമ്മളുടെ എങ്ങനെ ദൈവവിശ്വാസം വന്നു കുട്ടിക്കാലത്ത് പോളിയോ എടുത്തിട്ടുണ്ടോ വാക്സിനേഷൻ അതിനോടൊപ്പം വന്നാണ് ഈ വിശ്വാസം എന്നുവെച്ചാൽ വിശ്വാസം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നത് നമുക്ക് ബോധമില്ലാത്ത ഒരവസ്ഥയിലാണ് ബോധമുള്ളപ്പോഴല്ല നമ്മളെ ബോധിപ്പിച്ച് വിശ്വസിപ്പിക്കാൻ പറ്റില്ല കാരണം വളരെ ചെറിയ ചെറുതായിരുന്നപ്പോഴോ കൊണ്ടുപോയി പോളിയോ കൊടുക്കുന്നത് കുട്ടിയുടെ സമ്മതം വാങ്ങിയിട്ടാണോ നിനക്ക് തരട്ടോ അല്ല മാതാപിതാക്കൾ വിചാരിക്കുന്നുണ്ടാണി രോഗനും നല്ലതായിരിക്കും നല്ലതാണെന്ന് കരുതിയിട്ടാ കുട്ടിക്ക് പോളിയോ കൊടുക്കുന്നു ഇതുപോലെയാണ് ഈ ശിശുക്കളെ കുട്ടിക്കാലത്തെ വിശ്വാസികളാക്കുക അവനെ ബോധ്യപ്പെടുത്തിയൊരു വിശ്വാസത്തെ കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ ബോധം കുറച്ചു വരുന്നതിന് മുമ്പ് തന്നെ അവനൊന്നുകിൽ അമ്പലത്തെ അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോകും ഒന്നുകിൽ പടങ്ങൾ കാണിച്ച് തൊഴിയിക്കാൻ പ്രാർത്ഥനകളെ പൊളിപ്പിക്കും ഇതൊക്കെ ഒരു ബോധം വരുന്നതിനൊന്നും വേണം അപ്പൊ വിശ്വാസം നമ്മളിൽ വരുന്നത് നമുക്ക് ബോധം വരുന്നതിനൊന്നും വേണം ബോധം പിന്നീടാണ്ടാവും അങ്ങനെ നടക്കും മതങ്ങളെല്ലാം അങ്ങനെ ചെയ്യും അപ്പൊ അത് എന്തുകൊണ്ട് ഈ പോളിയോ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ഗുണമുള്ളതാണെന്നും മാതാപിതാക്കളും സമൂഹവും വിശ്വസിക്കുന്നതുപോലെ നമ്മുടെ സമൂഹവും നമ്മുടെ മാതാപിതാക്കളൊക്കെ കരുതുന്ന ഇതാണ് ഇവന് വിശ്വാസം വളരെ ചെറുതായിരിക്കുമ്പോഴേ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊരു നല്ല മനുഷ്യനായി മാറുമെന്നുള്ള അവരുടെ ഒരു ധാരണയാണ് അതുകൊണ്ട് ഇതൊന്നും കുട്ടികളുടെ സമൂഹത്തോടു കൂടി സമൂഹം നമ്മളിൽ അടിച്ചേപ്പിക്കുന്നതാണ് നമുക്ക് നല്ലതാണെന്നവര് കരുതുന്നു നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിയത്തില്ല നമ്മൾ അതിൽ പെട്ടുപോകുന്നു അതുകൊണ്ട് നമ്മൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ ആവും എന്നിട്ട് ഇതിനൊക്കെ വേണ്ടി മരിക്കാനും നടക്കും ബോധമില്ലാത്ത സമയത്ത് നമ്മളിൽ അടിച്ചേപ്പിച്ച വിശ്വാസങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ജീവിക്കാനുള്ള മനുഷ്യൻ മരിക്കാനും നല്ലതാണോ ചീത്തയാണോ മാതാപിതാക്കൾ അല്ലെങ്കിൽ സമൂഹം നമ്മുടെ സമൂഹം പറഞ്ഞാൽ നിരക്കാൻ നല്ലതാണ് ഇത്രയേ ഉള്ളൂ വിശ്വാസികൾ അതുകൊണ്ടാണ് ഓരോരുത്തരും ഇപ്പൊ ഒരു അടുത്ത കാലത്തൊരു വലിയ വിഭാഗം നടന്നല്ലോ പാദപൂജ കുട്ടികളെ കൊണ്ട് ദ്ധ്യാപകരെ പാത പൂജ ചെയ്യിക്കും അപ്പൊ ഒരു കൂട്ടർ പറയുന്നെന്താണ് അത് കുട്ടികൾക്ക് ബോധം ഉറപ്പിക്കാത്ത സമയത്ത് കുട്ടികളെ കൊണ്ടിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ പാടില്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത് അപ്പൊ വേറെ കൂട്ടിൽ പറയുന്ന എന്താണ് ഇത് ഞങ്ങളുടെ സംസ്കാരമാണ് ഞങ്ങളുടെ പാരമ്പര്യമാണ് അതുകൊണ്ട് ബോധം ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ പോളിയോ വാക്സിൻ കൊടുക്കും പോലെ തന്നെ എന്തു ചെയ്യണം ഇവരിലെ ഈ വിശ്വാസങ്ങൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല കുട്ടികളായി വളരത്തുള്ളൂ ഇതാണ് രണ്ടു വാദം രണ്ട് വാദമാണ് രണ്ടുപേരും അവർക്ക് അനുകൂലമായും പ്രതികൂലമായിട്ടും എല്ലാം ചെയ്യുന്നു ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവര് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇന്ന് മാത്രമല്ല പല കാര്യങ്ങളിലും കുട്ടികളെ അവർക്ക് ശരിയായ ബോധമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സമൂഹം നമ്മളിൽ പഠിച്ചേർത്തിക്കുകയാണ് അത് നല്ലതിനാണോ അതോ അത് നല്ലതാണോ ഗുണമാണോ എന്നുള്ളത് ആ കുട്ടിയുടെ ഭാവിയാണ് തീരുമാനിക്കേണ്ടത് ചിലപ്പോൾ നല്ലതാകാം ചിലപ്പോൾ ദോഷമാണ് ഞാൻ ഈ രണ്ട് വർഷത്തുമില്ല കാരണം എന്തെന്ന് അങ്ങനെ ഈ ചെയ്യിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കുട്ടിയുടെ നല്ലതിനാകുമോ അതോ മോശം ആകുമോ എന്നുള്ള കാര്യം ഈ കുട്ടിയുടെ ഭാവിയിലാണ് തീരുമാനിക്കേണ്ടത് ഭാവിയാണ് തീരുമാനിക്കേണ്ടത് അപ്പോ കാരണം ഇതെന്താണ് ആശയങ്ങളെ വിശ്വാസങ്ങളെ ആശയങ്ങളെ ഇതുപോലെ അടിച്ചേക്കിപ്പോ മാതാപിതാക്ക ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് പാർട്ടി ക്ലാസ് അവനെ അവൻ്റെ പാർട്ടിയിൽ വളർത്തിക്കൊണ്ട് അത് ഇതൊക്കെ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് ഭാവി തീരുമാനിക്കാൻ പറ്റും കാരണം ഇതിനൊന്നും യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുള്ള കാര്യമല്ല സമൂഹം അങ്ങനെയൊക്കെ ചെയ്തു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ഒരു കുട്ടി ജനിച്ചു ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ അതിനെന്തോ ഒരു വലിയ കുഴപ്പമുണ്ട് അതിന്റെ ശരീരത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നീലങ്ങൾ ഉടനെ ഡോക്ടർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ സർജറി ചെയ്യണം അല്ലെങ്കിൽ കുഴപ്പമാണ് ഒരു മെഡിക്കനായ ഡോക്ടറോട് സർജറി ചെയ്തു കുട്ടി രക്ഷപ്പെടുന്നു കുട്ടിയുടെ സമ്മതി ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ അല്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നെ ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടുണ്ട് ഇതിൻ്റെതാണ് പ്രശ്നം നല്ല ഹാർട്ടിന് പ്രശ്നം അതുകൊണ്ടാണ് തോന്നുന്നത് അപ്പൊ സർജറിയാ ചെയ്ത് ആരോഗ്യം മെച്ചപ്പെടുന്നു അതിന് ശാസ്ത്രീയ അടിത്തറയുള്ളു അത്തരം കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും സ്വീകരിക്കാം നമ്മുടെ ശാസ്ത്രത്തെ ഗുണമുള്ളതാണ് വേറൊരുക്കാ സംഭവിക്കുക അതെല്ലാത്തിനും സംഭവിക്കുന്നത് വേറെയുള്ളൂ പക്ഷെ അവിടെ വിജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം ശാസ്ത്രമാണ് പരിചയമായൊരു കാര്യമാണ് വിശ്വാസങ്ങളും ആശയങ്ങളും അങ്ങനെയാണ് ഇവിടെ കുട്ടി രക്ഷപ്പെടുന്നു മറ്റിടത്ത് അങ്ങനെയല്ല ഭാവിയിലാണ് അറിയേണ്ടത് അതിന് ഗുണമായി വരുമോ ദോഷമായി നിങ്ങൾ കുട്ടിയെ കൊണ്ട് എന്താണ് കുട്ടിക്കാലത്തെ കാലിപ്പിടിപ്പിക്കുന്നു വളർന്നു വരുമ്പോൾ അവന് തോന്നിയാണ് അസംബന്ധമാണ് ഞാൻ ഇനി ആരെയും കാലിപ്പിടിക്കില്ലാന്ന് തോന്നിയ്ക്കത്തില്ല അവനാണ് തീരുമാനിക്കുന്നത് കാരണം അവന് വിശ്വാസമാണ് അവനെ സ്വീകരിച്ചു കൊണ്ടുപോകാനുള്ള കളയാാലത്തെ അവൻ ഇന്ന പാർട്ടി ഇടനുമ്പോ പാർട്ടി മാറും ആശയങ്ങളെങ്ങനെയാണ് അതുകൊണ്ട് നല്ലതോ ചീത്തതയോ എന്നുള്ള കാര്യമൊക്കെ ഭാവിയാണ് അവിടെ തീരുമാനിക്കുന്നത് വിശ്വാസങ്ങളുടെ കാര്യത്തിൽ കുട്ടിക്കാലത്ത് വളരെ വിശ്വാസത്തിൽ വളർന്ന് വളരുന്നവർ വളർന്നു വരുന്ന നാസ്തികന്മാരായി വളർന്നു വരുന്നവർ വിശ്വാസികളായി മാറും ഇതൊക്കെ സംഭവിക്കാം വിശ്വാസങ്ങളുടെ ആശയത്തിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ അടിച്ചേപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല അതിന് തെളിവാണ് ഇന്ന് ലോക ജനസംഖ്യയിൽ ഇരുപത്തഞ്ച് ശതമാനം വിശ്വാസികളെല്ലാം മാറിക്കഴിഞ്ഞു മത ദൈവവിശ്വാസിവരെല്ലാവരും ഏതെങ്കിലും മത കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒക്കെ ആയിരിക്കും കുട്ടിക്കാലത്ത് തന്നെ പഠനങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയതായിരിക്കും പക്ഷെ വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവരെ ഉപയോഗിച്ച് കളയും മനുഷ്യ അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആശയങ്ങളും കുട്ടികളിൽ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാം പക്ഷെ അത് ശരിയോ തെറ്റോന്നൊക്കെയുള്ളത് കാലം തെളിയിക്കേണ്ടതായിരുന്നു അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോ അങ്ങനെ ആകാം എന്ത് സംഭവിക്കാം എന്തൊക്കെ രീതിയിൽ കുട്ടിക്കാലത്ത് കുട്ടികളെ നമ്മൾ ശരിയാക്കാൻ ശ്രമിച്ചാലും അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ മാറ്റം സംഭവിക്കാം പിന്നെ എന്താണ് കുട്ടികൾ ചെറിയ പ്രായത്തിന് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തും സംഭവിക്കാമെങ്കിൽ പിന്നെ ഇതിന് വിദ്യാഭ്യാസം കൊടുക്കും അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാരമ്പര്യങ്ങളും ആചാരങ്ങളും മാമൂലങ്ങളും നല്ല കുട്ടികളിൽ വിദ്യാഭ്യാസമായി കൊടുക്കേണ്ടത് ഭാവിയിൽ അവൻ ജീവിക്കേണ്ട ലോകത്ത് അവൻ ഉപരിക്ക ഉപകരിക്ക തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കുട്ടിക്കാലത്ത് കൊടുക്കേണ്ടത് അങ്ങനെ കാലകാലങ്ങളിൽ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കണം അപ്പൊ ചില മാമൂലുകളും മറ്റൊന്നും ഭാവിയിൽ ആവശ്യമില്ലാതായി അവർ അവന്റെ ജീവിതത്തിൽ ഉപകരിക്കത്തില്ല നിങ്ങളൊരു കുട്ടിയെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കാര്യപിടുത്തശീലിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അവൻ ജീവിതകാലം മുഴുവൻ ആശ്രമത്തിൽ കഴിയുകയാണെങ്കിൽ അവൻ മരിക്കുന്നവരെ കൂടെ കാര്യപിടിച്ചോണ്ടേയിരിക്കും നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ അത് പോയി ആരെങ്കിലുമൊക്കെ വേണമല്ലോ നമ്മളെ കാര്യപിടിക്കാൻ എന്നിട്ട് പിന്നെ എന്താ ഈ ജീവിതത്തിൽ എന്താ അർത്ഥം പക്ഷേ പുറം സമൂഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവനുപ്പം ലജ്ജ തോന്നി അതൊക്കെ ചെയ്യുന്നു എന്തുകൊണ്ട് സമൂഹം മാറുന്നു കാലം മാറുന്നു അവിടെ ഇതൊന്നും അവനുപകരിക്കത്തില്ല ഏത് കാര്യമായി ഞങ്ങൾ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അപ്പോ ഭാവി ജീവിതത്തിൽ അവന് ഉപകരിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം അതാണ് വേണ്ടത് പാരമ്പര്യങ്ങളിൽ പലതും അതിനൊന്നും ഉപകരിക്കാത്തെയാണ് ഭാവിയുടെ സാഹചര്യങ്ങളോട് ഒരാൾക്ക് പൊരുത്തപ്പെടുന്ന വിശ്വാസങ്ങളും സമൃദ്ധികളും ഒക്കെ അവ സ്വീകരിക്കത്ത വള്ളൂരും നമ്മൾ അടിച്ചേപ്പിക്കുന്നു സ്വീകരിക്കണമെന്ന് അവന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്താണ് ഇനിയുള്ള കാലത്തെന്ന് വെച്ചാൽ അവിടെയും മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവന്റെ വിശ്വാസം നിങ്ങൾ മനുഷ്യനെ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കില്ല അവന്റെ വിശ്വാസം ജനിച്ചു വരുമ്പോഴേ അവന്റെ സമൂഹം അവനെ ഏർപ്പെടുത്തുന്നതായിരിക്കില്ല അവന്റെ വിശ്വാസം മുമ്പോട്ട് ചിലപ്പോൾ അവൻ തിരഞ്ഞെടുക്കും എന്താണ് എന്തായിരിക്കും അവന്റെ വിശ്വാസം അങ്ങനെയാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ എന്താണ് അതീന്ദ്രിയമായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നതിനേക്കാളും മനുഷ്യന് പലപ്പോഴും ഉപകരിക്കുന്നത് ഇവിടെ പറയുന്നത് ഇപ്പൊ ഈ വാസം എല്ലാവർക്കും ഉപകരിക്കുന്നു വിശ്വാസയോഗ്യമായ ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്നത് അവിടെ അവന്റെ പ്രശ്നങ്ങൾക്ക് നേരിട്ട് പരിഹാരം നടത്തണം ആ വ്യക്തിവിശ്വാസ യോഗ്യമായിരിക്കണം എന്ന് അവന് തോന്നണം അവന് ബോധ്യപ്പെടണം അതവൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് അവന്റെ ഒരു വിശ്വാസമാണ് ആ കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു വരും ഇവിടെ ദൈവത്തിന് വിശ്വസിക്കുന്ന കാര്യമല്ല പറയുന്നത് അത് ദൈവവിശ്വാസം മോശമെന്നു ഞാൻ പറയുന്നു രണ്ടിലേതാണ് മെച്ചപ്പെട്ടതെന്നുള്ള കാര്യങ്ങൾ ദൈവവിശ്വാസത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു ദോഷം ഏറ്റവും വലിയ ദോഷം ഇപ്പോ വിശ്വാസികളില് ലോക ജനസംഖ്യയില് ഇരുപത്തിനാല് ശതമാനം മുസ്ലിം ഇവര് ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നുവെന്നാവശ്യപ്പെടുന്നവരാണ് ദൈവത്തിലല്ലാതെ ഈ പറയുന്ന രീതിയിൽ മനുഷ്യരിൽ വിശ്വസിക്കാൻ പാടില്ല അത് ചെറുക്കാണ് അവര് ചെറുക്കെന്ന് വെച്ചാൽ അവരെ നരകത്തിലേക്ക് കൊണ്ട് കൗരതാണ് കുട്ടിക്കാലത്തെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ഈ പറയുന്നത് പോലെ ഒരു മനുഷ്യന് അങ്ങനെ വിശ്വസിക്കാൻ ദൈവത്തെ മാത്രം വിശ്വസിക്കൂ ഈ മതവിശ്വാസി അതാണ് ഒരിക്കലും എന്നോട് ഇവിടെ ഒരാളൊരു പരാതി വരും പിന്നെ ഒരു കാര്യമുണ്ട് ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് മനസ്സിലാക്കാനുള്ള തലക്കകത്ത് മസാലയുള്ള എത്ര പേരുണ്ട് വളരെ കുറവാണ് ഞാൻ പറയുകയാണ് തൊഴിലല്ല നിങ്ങൾ എന്നെ ഒരു തൊഴിലേപ്പിച്ചു ഞാനത് ചെയ്തല്ലേ പറ്റും അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായി പറയുന്നത് എന്തോ ഫലവത്താകുമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നു എന്തൊരു തൊഴിലായിരുന്നു ഞാൻ പറയും ഈ കാറിൽ സഞ്ചരിക്കുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നട്ടുച്ചക്ക് വീരത്ത് പോലും ചില ഹോട്ടലിന്റെ മുമ്പിൽ ചില ആൾക്കാരുടെ ഒരു ബോർഡം പിടിച്ച് ഇങ്ങനെ കാണും ഇങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും ഞാൻ ഇതുവരെ കയറി ഈ പാവപ്പെട്ട മനുഷ്യ മെയിലും കൊണ്ടുകൊണ്ട് അവിടെ ഇരുന്നു അത് എന്താ എഴുതിയിരിക്കുന്നു മെയിൽസ് റെഡി ഒരു ഭാഗത്ത് വേണ്ട ഭാഗത്ത് ഊണറെഡി മലയാളം ഇംഗ്ലീഷ് രണ്ടു കേൾ മാറി മാറുന്നതാണ് എന്നിട്ട് വഴിയെ പോകുന്നവരെയൊക്കെ അങ്ങോട്ട് ആകർഷിക്കാണ് കയറി കയറുന്നു വല്ലപ്പോഴും ആരെങ്കിലും കേറു ഇത് കണ്ടിട്ട് ആരെങ്കിലും കേറു ഇല്ല അതുപോലെയാണ് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഇത് കാര്യൊന്നുമില്ല എന്നാലും ഞാനിങ്ങനെ ബോർഡ് കാണിച്ചോണ്ടായിരുന്നു അതിന് മുമ്പ് ഒരിക്കലും ഒരാൾ എന്നോടൊന്ന് പരാതി വരും നിങ്ങളത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു നിങ്ങളുടെ ബോധമണ്ഡലം കുറച്ചെങ്കിലും വികസിക്കാൻ വേണ്ടി ഒരു വലിയ കരാറിയായി തുടങ്ങി കൊണ്ടിരിക്കും അമ്മയെ കാണാൻ വേണ്ടിട്ട് മമ്മൂട്ടിയാണ് പറഞ്ഞാലിപ്പോ ഓർമ്മ വരും അപ്പോ ഇവിടെയുള്ള അമ്മയുടെ കൂടെ വന്നവരെ മമ്മൂട്ടിയുടെ ഒരു മാലമാണ് അപ്പൊ ഇയാളെന്തു ചെയ്തി മാലമുണ്ടെന്ന് അമ്മയുടെ അറിയിക്കും കഴുത്തിലിട്ടില്ല അടുത്തോട്ടം പോയി ഞാൻ പരാതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനഅമ്മയുടെ കഴുത്തി ഇട്ടിട്ട് അമ്മയിൽ നിന്ന് ഒരു ഉമ്മ വാങ്ങിക്കൂടെ മമ്മൂട്ടിക്ക് നിങ്ങളാരും ചിന്തിക്കുന്ന കാര്യമൊന്നും സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടയാളത് ചെയ്തില്ല അയാളുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശെർക്കാണ് അത് നരകത്തിൽ പോകും ഇത് നമ്മൾ മനസ്സിലാകും അല്ല അത് ചെയ്യാത്ത അയാളുടെ ഒരു കുറ്റമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാമെന്ന് നമ്മൾ ധരിച്ചെങ്കിൽ അത് നമ്മളെ ശുദ്ധമായി മണ്ടെത്തലാണ് വിവരക്കേടാണ് അത് പരാതി പറയുന്നത് നമ്മളെ തികച്ചും അറിവില്ലായ്മയാണ് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയിൽ ദൈവത്തെ പോലെ കൊണ്ട് ആരാധിച്ചു കഴിഞ്ഞാൽ അയാൾ പഠിച്ചിരിക്കുന്ന അയാൾ കൃത്യമായി അഞ്ചിലേറെ നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ് അയാള് നരകത്തിനാണ് പോകുന്നത് ചുരുക്കാണ് അത് ചെയ്യാൻ പാടില്ല നിങ്ങളെ സംബന്ധിച്ച് അത് ചെയ്യാത്തൊരു നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് അത് ചെയ്തില്ലെങ്കിൽ അവിടെ നിരകത്തിൽ പോകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം ലോകത്തെക്കുറിച്ച് നമ്മുടെ അറിവില്ല വിവരം അത് നമ്മൾ പ്രതീക്ഷിക്കരുത് നമ്മുടെ വിശ്വാസങ്ങളെ പോലെ തന്നെ ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വളരെ ശക്തമാണ് ചെയ്യാൻ പറ ഇസ്ലാം മതത്തിന് ഞാനൊരു എന്റെ മനസ്സിൽ ആ കാര്യം ഓർമ്മ എന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇസ്ലാമത്തിന്റെ ഒരു പ്രത്യേകതയാണ് ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്നുവെച്ചാൽ സിദ്ധാന്തപരമായ പ്രാക്ടീസ് അങ്ങനെയല്ല അവര് ചിലപ്പം എന്താണോ മരിച്ച ആൾക്കാരുടെ ശവക്കല്ലറേക്ക് വെച്ച് അതൊക്കെ ആരാധിക്കുന്ന മുസ്ലിങ്ങളുണ്ട് സിദ്ധാന്തപരമായ ഒന്നും ശരിയാക്കെതിരാണ് അപ്പോ അതാണെങ്കിലും നോക്കുക ഇതേ മതത്തിൽ തന്നെയുള്ളൊരു തൗരാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ പുരോഹിതന്മാരെ അവരാരാധിക്കും പുരോഹിതന്മാരെ അവർ വിശ്വസിച്ചു ദൈവത്തെ പോലെ അപ്പൊ സിദ്ധാന്തം അങ്ങനെയാണെങ്കിലും ദൈവത്തെ വിശ്വസിക്കാവോ എന്ന് പറഞ്ഞാലും പുരോഹിതന്മാർ വിശ്വസിച്ചു പുരോഹിതന്മാരുടെ പിന്നാലും ഇത് എല്ലാ മതങ്ങളുമാണ് ദൈവവിശ്വാസം ആവശ്യപ്പെടുന്ന എല്ലാ മതങ്ങളും ദൈവത്തിന്റെയും വിശ്വാസിയുടെ ഇടയ്ക്ക് പുരോഹിതം വന്നിരിക്കും അവനും കൂടെ വിശ്വസിക്കും അപ്പോ എവിടെയാണോ പൗരോഹിത്യ വിശ്വാസം വരുന്നത് അവിടെ ചൂഷണം വരും പുരോഹിതനന്റെയും വിശ്വാസ ദോഷം ചെയ്യും കാരണം പുരോഹിതന്റെ ജീവിതവും നിലനിൽപ്പും വളർച്ച എല്ലാം വിശ്വാസത്തിലൂടെ ഇതാണ് ഞാൻ നേരെ പറഞ്ഞ എന്താണോ എന്താണ് ഈശ്വര വിശ്വാസത്തിൽ വരുന്ന ദോഷം ഇതെല്ലാ മതങ്ങളിലും എല്ലാ വിശ്വാസ സമ്പ്രദായങ്ങളിലും വരുന്ന ഒരു ദോഷമാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാസുഷ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥിതി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസയോഗ്യനായ അതാണ് ഞാൻ പറഞ്ഞത് ശാന്തനായ വിഷയം എന്ന് പറഞ്ഞാൽ താല്പര്യങ്ങൾ ഇല്ലാത്തത് നിങ്ങളെ ചതിക്കണമെന്ന് താല്പര്യം ഇല്ലാത്തത് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നത് ഈ പുരോഹിതനിലൂടെ മധ്യസ്ഥനിലൂടെ ഒരു ഈശ്വരനെ വിശ്വസിക്കുന്നതിൽ നല്ലതാണ് ഫലപ്പെടും ശരി നിങ്ങൾ ഈ ചൂഷണത്തിന് വിധേയമാകുന്നു ഈശ്വര വിശ്വാസം നല്ലത് അല്ലയെന്ന് ഞാൻ പറയുന്നു ഈശ്വരവിശ്വാസം നിഷേധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നുണ്ടായിരിക്കില്ല പക്ഷെ അതിനകത്ത് ഇങ്ങനെ വലിയൊരു അപകടം ഒളിഞ്ഞിരുന്നു അവൻ എന്ത് ചെയ്തു പുരോഹിതന്റെ മതവ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് അവന്റെ ജീവിതത്തെ രൂപപ്പെടുത്തും നമ്മുടെ ഇവിടെ വിശ്വാസം എന്ന് പറയുന്നതിനൊരർത്ഥമേ പക്ഷെ ഈ മതങ്ങളിലെല്ലാം ക്രിസ്ത്യ മതമായാലും ശരി ഇസ്ലാം മതമായാലും ശരി അവിടെ വിശ്വാസത്തിന്റെ രണ്ടർത്ഥം രണ്ടു വാക്കുകളൊക്കെ ഒന്ന് ദിലീപ് മറ്റൊന്ന് ഫെയ്ത്ത് ഇംഗ്ലീഷ് എന്നതിന്റെ രണ്ടും രണ്ടർത്ഥമാണ് ഒരർത്ഥമാണ് അത് കൂടുതൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ക്രിസ്ത്യൻ തിയോളജിയിലാണ് ഞാനത് ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരിൽ നിന്ന് നേരിട്ട് തന്നെ പഠിച്ചിട്ടുള്ളത് എന്താണ് എന്റെ വ്യത്യാസം അതിൽ പ്രൊട്ടസ്റ്റന്റുകൾ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് കാത്തറ്റിക്സുകൾ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കുറെ പേർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വലിയൊരു വ്യത്യാസമുണ്ടോ ആ മതത്തിന്റെ കാര്യം പോട്ടേ ഒരു ലൗകികമായ ഉദാഹരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ ശ്രമിക്കാം എന്താണ് ബിലീഫ് എന്താണ് ഫെയ്ത്ത് നമ്മളിവിടെ അല്ല ഇല്ല വേറെ വിശ്വാസം വിശ്വാസം തന്നെയാണ് രണ്ടു വാക്കുകൾ നമ്മുടെ രണ്ടു വാക്കും രണ്ടും രണ്ട് അത് അവർ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചെടുത്താണ് അങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ മനുഷ്യരെ ഈ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വിശ്വാസത്തെ ദൃഢമാക്കാൻ മതത്തിന്റെ അടികളാക്കാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് അവർ അതിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട് അവരുടെ ചിന്തകന്മാരുടെ അതിനാശ്രമിക്കും കൂടുതൽ അവരെ ഫെയ്ത്തിലേക്ക് കൊണ്ടുവരുന്നത് വിശ്വാസത്തിൽ നിന്ന് ബലീഫിൽ നിന്ന് ഫെയ്ത്തിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ലൗകിക ഉദാഹരണത്തിനോടൊപ്പം ഒരു പാരച്ചുട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുക ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും ചോദിച്ചാൽ ഒരു പ്ലെയിനിൽ നിന്ന് ആ പാരച്ചൂട്ട് ശരീരത്തിൽ കട്ടി വച്ചിട്ട് എടുത്ത് ചാടിയ അതൊന്നു വേർന്നു വരും ആളും മരിക്കത്തില്ല ഭൂമിയിൽ നിന്ന് ലാൻഡ് ചെയ്യും സുരക്ഷിക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും പാരച്ചോട്ടിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുക ഇതാണ് പരിഹരിക്കുന്നത് തവരീന്ന് പറയുന്ന ഉദാഹരണം ഇതിനെയും ഇതുപോലെയാണ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ഈ പറഞ്ഞല്ലോ എഴുപത്തിയഞ്ചോളം ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം ജനങ്ങൾ വിശ്വാസികളാണ് അവരൊക്കെ ഭൂരിപക്ഷം പേരും ബിലീവ് ചെയ്യുന്നവരാണ് അവർക്ക് ബിലീഫ് ഈ പാരച്ചൂട്ടെന്ന് മനസ്സിലാക്കുന്നവരാണ് ബിലീഫ് ഈസ് എ മെന്റൽ സ്റ്റേറ്റ് ഓഫ് അക്സെപ്റ്റൻസ് എന്നാണ് അവർ പറയുന്നത് അത് അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്നാണ് പണ്ട് തന്നെ പഠിപ്പിച്ചത് അതാണ് വിശ്വാസം ഇനി ഫെയ്ത്ത് എന്ന് പറഞ്ഞാലോ ആ പാരച്ചൂട്ട് ശരീരത്തെ പെട്ടി വെച്ചിട്ട് എടുത്ത് ചാടുക അതിനവർ പറയുന്നത് ബീ ബി ആൻഡ് ആക്ഷൻ അതായി മാറുക െന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബിലീഫിനെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു ജീവിതം തന്നെ അതായി മാറുന്നതാണ് ഫെയ്ത്ത് രണ്ടുപടി വലിയ അന്തരമുണ്ട് ഒരു ബിലീവർ അയാൾക്ക് ഫെയ്ത്ത് ഉണ്ടായിരിക്കുന്നു അപ്പോ അവർ പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷനാണ് ചോദിച്ചാൽ ഞാൻ ആദ്യം ഒരു ബിലീവറാകുന്നു ക്രമേണ ക്രമേണ എന്ത് ഫിലേക്ക് മാറുന്നു മാറണമെന്ന് നിർബന്ധമില്ല മാറിയാലേ അവര് പറയുന്ന തരത്തിലുള്ള സാൻവേഷിന് അനുസാദിക്കും സ്വർഗം അപ്പൊ ഒരുപാട് മനുഷ്യർക്ക് സ്വർഗത്തെക്കുറിച്ച് വിശ്വാസമുണ്ട് പത്ത് കല്പനകളില് വിശ്വാസമുണ്ട് ഇതൊക്കെ വിശ്വാസമുണ്ട് പക്ഷെ അവരും ഫെയ്ത്തല്ല ഫെയ്ത്തിലേക്ക് സ്വർഗത്വമുണ്ട് അങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യത്യാസമുണ്ട് ബലീഫും പെയ്ത്തും നമ്മുടെ ഒരു വ്യത്യാസം മതപരമായ പശ്ചാത്തലത്തിൽ അല്ലെങ്കിലും ഉണ്ട് അതിന്റെ ഇതിന്റെ ഉദാഹരണം പറയാൻ മുപ്പരച്ചൂട്ട് ദുപ്പാരച്ചോട്ട് പ്രവർത്തിക്കുക അത് ശരിയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്ന് എടുത്തി ചാടാൻ തയ്യാറാവുമോ നമ്മുടെ ലോകത്തിന് ഒരുപാട് പേരൊക്കെ അവര് എന്താണ് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് ലൈസൻസ് കയ്യിലുണ്ട് പക്ഷെ വണ്ടി ഓടിക്കത്തില്ല എന്തുകൊണ്ട് ഓടിക്കത്തില്ല പെയ്റ്റില്ല മറ്റവർക്കറിയാം ഇത് ഓടിച്ച വണ്ടി നേരെ മുമ്പോട്ട് പോകും ഫ്ലക്സിൻ്റെതാണ് ബ്രാറ്റിൻ്റെതാണ് സ്റ്റിയറിംഗിന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ അസിസ്റ്റത്തിൽ അവർക്ക് വിശ്വാസമാണ് പക്ഷെ ബീങ് ആൻഡ് ആക്ഷൻ ഇങ്ങനെ രണ്ടു വരും അപ്പൊ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം വളരെ പരിഷ്കരിച്ച പുരോഗമനപരമായ പുരോഗമനം എന്ന് പറയാൻ ഒരു വിശ്വാസമാണ് ഫെയ്ത്ത് എന്നാണ് അവർ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ിൽ നിന്ന് നേരെ കെയ്ത്തിലേക്ക് വന്നു പിന്നെ സ്വപ്നത്തിലേക്ക് ഇവിടെ അതൊന്നും പറയുന്നില്ല ഇവിടെ പറയുന്ന എന്താണ് വിശ്വാസം വിശ്വാസം എന്ന് വിചാരിക്കുന്ന വേറൊന്നും പറയേണ്ട കാര്യമില്ല വിശ്വാസം തന്നെയാണ് നിങ്ങൾക്ക് വിശ്വാസയോഗ്യനായ ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയാണ് വിശ്വാസം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ വിശ്വാസിയാകില്ല നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിലും വിശ്വാസിയാണ് വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങളൊരു വിശ്വാസിയാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ് പ്രത്യക്ഷമായ ഫലങ്ങളുണ്ടാകും വിശ്വസിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ ഇടപെടാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ നിന്ന് ഗുണമുണ്ടാകുന്നു എല്ലാം സംഭവിക്കുന്നു അതൊരു എന്താണ് ഭാവിയിലെ പ്രതീക്ഷയല്ല ഒരു വ്യക്തിയിലുള്ള വിശ്വാസം വരുന്നു വർത്തമാനത്തിന്റെ അനുഭവമാണ് അതാണ് ഇങ്ങനെ വ്യത്യാസം മറ്റങ്ങനെയല്ല എപ്പോഴും എന്തിയും ഭാവിയിലെ ഒരു പ്രതീക്ഷയായിരുന്നു ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് രോഗമുണ്ട് അതിൽ നിന്ന് മോചനം നേടണം പരാജയങ്ങളുണ്ട് വിജയിക്കണം ഇതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കണം നാളെ അത് സംഭവിക്കുന്നു ഭാവി സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണെന്ന് പ്രാർത്ഥിക്കുന്നത് അത് നാളെ ദൈവം നടത്തി തരേണ്ട കാര്യങ്ങളാണ് നടന്ന് കിട്ടാം നടന്ന് കിട്ടാതിരിക്ക നടന്നു കിട്ടിയാൽ വിശ്വാസ നടന്നു കിട്ടിയില്ലെങ്കിലും എന്താണോ എന്തെങ്കിലും ഒരു സമാധാനം കണ്ട വിശ്വാസത്തെ കൈവിടത്തില്ല വിശ്വാസത്തെ ഉപേക്ഷിക്കാം മറിച്ച് നടക്കാത്തതിനൊരു സമാധാനം കിട്ടും അവിടെ അവന്റെ യുക്തിയും ബുദ്ധിയും കിട്ടും അപ്പോ വിശ്വാസ വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട് അതിൻ്റെ ഒരു വ്യത്യാസം പറയാറ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് നേരത്തെ പറഞ്ഞല്ലോ ഇത് പറഞ്ഞല്ലോ ഇപ്പൊ ഭാര്യ ചൂട്ടുന്ന കുറിച്ച് അറിയുന്നു എന്നാൽ അവൻ ചാടുന്നില്ല അവിടെ വിശ്വാസം ബിലീഫും ഫെയ്ത്തും അല്ല പ്രവർത്തിക്കുന്നു പിന്നെ എന്താണ് നമ്മുടെ കാഴ്ചക്കൂടെ വിശ്വസം എന്താണ് നിങ്ങൾ ഇത്രയും കാര്യം പഠിച്ചേ ഒന്നും തോന്നില്ല ഇത്രയും ഞാനൊരു പറഞ്ഞു വെറുതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സംശയം മറ്റൊന്ന് അറിവ് അങ്ങനെ നമ്മൾ മനസ്സിലാവും നിങ്ങൾ എന്തുകൊണ്ട് ധൈര്യമായിട്ട് എടുത്തിട്ടാടുമ്പോ നിങ്ങളുടെ ബോധ്യം എന്തുകൊണ്ട് നിങ്ങൾ മടിക്കുന്നു സംശയം ഇത് ചാടും ചെയ്ത് ഈ പൊടാൻ പോയിട്ടറിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാം ഇതാണ് അതുകൊണ്ട് ഈ പറഞ്ഞു വരുമ്പോ പല കാര്യങ്ങളും ഓർമ്മയിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പാശ്ചാത്യരുടെ പാശ്ചാത്യ തത്വചിന്തകരുടെ എല്ലാം ചിന്താഗതി അവരെ വളരെ സ്വാധീനിച്ചത് ഈ തിയോളജിക്കൽ സ്റ്റഡിയാണ് അവർ ഒരുപാട് സ്വാധീനിച്ചത് നമ്മള് അറിവ് എന്ന് പറയുന്നതിന് എന്താ പറയുന്ന അറിവ് വിശ്വാസത്തിൽ നിന്നുള്ള വ്യത്യാസം കളിക്കാൻ അറിവ് അതിന് നമ്മളൊരു നിർവചനം കൊടുത്ത എങ്ങനെയാണ് നമ്മൾ പഠിച്ചപ്പോ എന്താണ് ഓർമ്മയുണ്ടറിവ് ശരിയായ അറിവ് ഇതെന്താ നിർവചനം ഏ ശരിയാണ് പ്രമാണജന്യമായ അറിവ് പ്രമാണത്തിൽ നിന്ന് ജന്യമാകുന്ന അറിവ് പക്ഷെ അതിനകത്തൊരു വലിയ പ്രശ്നം വരുന്നത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പ്രമാണങ്ങൾ തർക്കം വരും അപ്പൊ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചാൽ സ്വർഗമെന്ന് പറയുന്നത് പ്രമേയാണ് അല്ലെങ്കിലോ സ്വർഗ്ഞാനും പ്രമേയ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നവർക്ക് എന്താണ് സ്വർഗം സ്വർഗത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ അല്ല അതിനകത്ത് ഒരു പോരായ്മയുണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു നിർവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണോ അനുഭവജന്യം എന്ന് പറയാൻ പറ്റും അനുഭവജന്യം എന്തോ അനുഭവജന്യം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഓർത്താൽ മാത്രം ബാധിക്കപ്പെടാത്ത ംഗീകരിക്കും ഏതൊരറിവാണോ ബാധിക്കപ്പെടാത്തത് നമുക്ക് അസത്യം എന്ന് ഒരിക്കലും ബോധ്യപ്പെടാത്തത് അതാണ് ശരിയായ അറിവ് ഇത് ഒരുപാട് ഞാനിതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്തും പൂർവ്വ വർഷങ്ങളൊക്കെ ഉണ്ട് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റിയില്ല അതും ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു അറിവുണ്ടാകുക അത് അസത്യം ഒന്നും നമുക്കൊരിക്കലും നമ്മളറിയാതിരിക്കും അപ്പൊ അത് ശരിയായാലോ പിന്നെ അത് അസത്യം എന്നെങ്ങനെ അറിയുന്നു അസത്യം എന്ന് അറിയുന്ന അറിവ് എങ്ങനെ ഉണ്ടാകും അത് പ്രമാണത്തിൽ നിന്നാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും പ്രാമാണ്യ വിചാരം എന്ന് പറയുന്നത് തർക്കത്തിൽ കുറച്ച് പഠിക്കത്തുള്ളൂ നമ്മുടെ ദർശനത്തിൽ പ്രാമാണ വിചാരം എന്താണ് പ്രമ എന്നുള്ളതിനെ കുറിച്ചുള്ള ദഹനമായ ചർച്ചയാണ് അവിടെ ഈഷ്യങ്ങളെല്ലാം ചർച്ച അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് വ്യാകരണവും തർക്കവും എല്ലാം അറിഞ്ഞിരിക്കണം എന്നാലേ അത് മനസ്സിലാവും കുറച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തർക്ക സംഗതം പഠിച്ച് കുറെ ദിവസങ്ങളെടുത്താണ് അത് ചർച്ച പക്ഷെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ചിന്തയുടെ ഒരു പ്രധാന ഭാഗമായി വരുമ്പോൾ അവർ ഇങ്ങനെയുള്ള ഒരു അറിവിന്റെ നിർവചനത്തെ സ്വീകരിക്കും അത് തിയോളജിയുമായി ബന്ധപ്പെടുത്തിയാണ് അവർ പറയുന്നത് അവിടെയൊക്കെ വിശ്വാസം കിടന്നത് അറിവിന്റെ പ്രാചീനമായ നിർവചനം പ്രാചീന നിർവചനം എന്ന് പറയുന്നത് ഒരു നിർവചനത്തിന് ഇത്രയും ദീർഘ ആയുസ്സോ അറിവിനെയാണ് നിർവചിച്ചത് പ്ലേറ്റോയാണ് പ്ലേറ്റോയുടെ കാലം ഏതാണ് കോമൺവെൽഫിന് മുമ്പാണ് മിജ കരിശോ മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ആ നിർവചനത്തെ ചോദ്യം ചെയ്ത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നമുക്ക് എത്ര നൂറ്റാണ്ടുകൾ നിലകുന്നു അറിവിന്റെ വിചാരിച്ച് അതങ്ങനെ നിൽക്കാൻ കാരണം എന്താണ് ബിലീഫ് വിശ്വാസം എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് വിശ്വാസം വരെയാണ് അറിവ് വരെയാണ് സന്ദർഭത്തിൽ പറയുന്നത് പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ബുക്ക് അതിന്റെ ബുക്ക് നമ്പർ സെവൻ നമ്മൾ ഈ അധ്യായം എന്ന് പറയുന്ന പോലെ അതിന് ഒന്ന് രണ്ട് മൂന്ന് അതിനാണ് ഈ നോളജ് അറുപത് അതിനെ നിർവഹിച്ചിരിക്കുന്നത് വളരെ പ്രസിദ്ധമാണ് ഫിലോസഫി നമ്മൾ പഠിക്കുന്നത് ജസ്റ്റിഫൈഡ് ടൂ ബിനിഫ് നിങ്ങൾ കോളേജിലൊക്കെ ഫിലോസഫി അല്പും പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരത് പഠിച്ചിട്ടുണ്ട് അതിന് പിന്നെ എങ്ങനെയാണ് ജെറ്റിയർ ചടങ്ങ് ചെയ്ത് എഡ്മണ്ട് ജെറ്റിയർ എന്ന് പറയുന്ന അമേരിക്കൻ ഫിലോസഫർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അത് ചടങ്ങ് ചെയ്തു അവിടെയൊക്കെ വിശ്വാസം ഉണ്ടാകും ഒരുപാട് അത് മനസ്സിലാക്കേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് നോക്കി പഠിക്കാം അപ്പോ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് ഒരു വളരെ വിപുലമായൊരു സബ്ജക്റ്റാണ് നമ്മുടെ ഈ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് കാരണം വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയോട് ചേരണം എന്നാണ് തിയോളജിക്കലായിട്ട് വിശ്വാസം കേറും വിശ്വാസമായിട്ട് അത് ഈ ക്രിസ്ത്യൻസിന് രണ്ട് വിഭാഗമുണ്ട് ഒന്ന് പ്രൊട്ടസ്റ്റന്റുകളും മറ്റൊന്ന് കാത്തലിക്കും ഇതൊക്കെ എന്തിനാണ് അവിടെ പറയുന്നതെന്ന് ചോദിക്കണം കാരണം ഈ രണ്ട് ക്രിസ്ത്യാനി രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോ അവിടെ ജയിലിലെത്തിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇന്നിപ്പോ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയാണ് അങ്ങനല്ല അതിന് തിയോളജിയുമായിട്ട് വലിയൊരു ബന്ധമാണ് എന്തുകൊണ്ടവർക്ക് ഡേലി പോയേണ്ടി വരും എന്നുള്ളത് അതിനെ ബന്ധപ്പെടുത്തി അച്ഛന്മാരും പോലും ചിന്തിക്കുന്നില്ല എല്ലാവർക്കും ഇപ്പം എന്താണ് ഒരു വിഷയം കിട്ടിയ രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം നമുക്ക് അനുകൂലമാക്കാം ഓരോ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെ അവരവർക്ക് അതിന്റെ പിന്നിലൊരു വലിയ തിയോളജിയുണ്ട് എന്താണ് അവരുടെ വിശ്വാസം കാത്തലിക്സിന്റെ ഒരു വിശ്വാസമാണ് ഈ ബിലീഫ് അല്ല ഫെയ്ത്ത് ഫെയ്ത്ത് എന്ന് പറയുന്നതിനോട് ഒപ്പം പ്രവൃത്തിയും വേണം അപ്പോ ആ ഫെയ്ത്തിനോടൊപ്പം ആക്ഷൻ പ്രവർത്തനം എന്ന് വരുമ്പോൾ അതാണ് അവരുടെ സുവിശേഷ വേല അവർക്ക് ഫെയ്ത്ത് മാത്രം പോരാ അവർക്ക് എന്ത് ചെയ്യണം അത് ദൃഢമായ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം പ്രവൃത്തിയും വേണം വലിയ വ്യത്യാസം നമ്മളെന്താ അവരുടെ ഫെയ്ത്തിന്റെ സ്ഥാനത്ത് നമുക്ക് അറിവാണ് അറിവെന്ന് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുന്നത് എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കും അവരെന്താ പറയുന്നത് അറിവിന്റെ സ്ഥാനത്ത് അവർക്ക് ഫെയ്ത്താണ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം ആക്ഷൻ സൂയിസേഷൻ അതുകൊണ്ടാണ് അവർ ചെയ്തിട്ടു പോയി നമ്മളതിനെ പറയുന്നു നമ്മളങ്ങനെ മതപരിവർത്തനം അവര് ചെയ്യുന്ന മതപരിവർത്തനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവശ്യം അവരുടെ ഫെയ്ത്തിനോടൊപ്പം വരേണ്ട ആക്ഷനാണ് അത്ര അവര് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടെ ഇതിലൂടെ മുന്നോട്ട് പോകും കുറച്ചുകൂടെ മനസ്സിലാക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ രാഷ്ട്രീയമായി കാണാൻ ഒരു സംഭവം നടന്നും പല ഡയമണ്ടിൽസാണോ അതെല്ലാം മനസ്സിലാക്കും അത് അത് ശരിയാണോ തെറ്റാണോന്നല്ല ഞാൻ പറയും അവര് മതപരിവർത്തനം നടത്തിയത് ശരിയാണോ അവരെ അറസ്റ്റ് ചെയ്തത് ഏത് രാഷ്ട്രീയമാണോ അതിന് ശരി അതൊന്നും തന്നെ ഞാൻ പറയുന്നത് എന്താണ് അതിന്റെ തിയോളജിയും നമ്മളുമായിട്ടുള്ള വ്യത്യാസം അപ്പൊ അവരുടെ തിയോളജി ശരിക്കും മനസ്സിലാക്കുമ്പോഴേ അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ദർശനം വെച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് അറിവ് വന്നു കഴിഞ്ഞാൽ നിറവായി എന്നൊന്നും ചെയ്യാതി അവിടെ നമുക്ക് നമ്മൾ പിന്നെ എന്താണോ പിന്നെ നമ്മൾ ആക്റ്റീവല്ല പോസിറ്റീവാണ് ഒന്ന് ഞാൻ ജീവിക്കുക മരിക്കുക അപ്പൊ നമുക്കതും മനസ്സിലാകത്തില്ല അവർക്ക് നമ്മളെയും മനസ്സിലാകത്തില്ല അപ്പോ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അറിവ് വേറെയാണ് നമ്മളെ സംബന്ധിച്ച് വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വിശ്വാസമേ ഉള്ളൂ അതിൽ തന്നെയല്ല പക്ഷേ വിശ്വാസത്തോടുകൂടി അകൂടെ കൂടി ചേർന്നു ആ പ്രവൃത്തി ഇവിടെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത് ഇതോട് അനുബന്ധമായുള്ള ഞാൻ പറയുന്നതേ ഉള്ളൂ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെങ്ങനെ വിലയിരുത്തണം മനസ്സിലാക്കും എല്ലാ രാഷ്ട്രീയങ്ങളിലൂടെ കാണരുത് ഇതിന് പല വശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഒരു വ്യക്തി വിശ്വാസമാണെന്ന് തോന്നിയാൽ ആ വ്യക്തിയിൽ വിശ്വസിക്കുന്നതാണെന്ന് നമുക്ക് മിക്കപ്പോഴും കൂടുതൽ പ്രയോജനപ്പെടുന്നത് അതീന്ദ്രിയുമായി എല്ലാം ഈശ്വരനും വിശ്വസിക്കുന്നതിനൊക്കെ ഈശ്വരവിശ്വാസം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ പ്രയോജനം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ അക്കാര്യമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസയോഗ്യനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കും വിശ്വസിക്കുന്ന ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും വന്ന് വിശ്വസിക്കില്ല ആ വിശ്വാസയോഗ്യമായിരുന്ന വ്യക്തിയോട് സഹകരിക്കുന്ന ഒരു വിശ്വസിക്കും എല്ലാവർക്കും സഹകരിക്കുന്ന ഒന്നല്ല സഹകരിക്കുന്നവർ വിശ്വാസം എല്ലാവരും വിശ്വസിച്ച് കൊള്ളണം എന്നല്ല പറയുന്നത് നിർബന്ധമായിട്ടുള്ള നടക്കുന്ന കാര്യം പക്ഷെ സഹകരിക്കുന്നവർ വിശ്വാസം അതിന്റെ ഒരടയാളമായിട്ടാണ് അവിടെ പറയുന്നത് ശാന്തിയാണ് അതിന്റെ അടയാളം ശാന്തി എന്ന് പറയുന്നത് എന്താണ് നിരന്ധന യുവാൻ എല്ലാ ആഗ്രഹങ്ങളും അടങ്ങി മറ്റ് ദുർമോഹങ്ങളൊന്നുമില്ലാതെ ശാന്തമായി ജീവിക്കുന്നത് അതാണ് ശാന്തി അതാണ് ഇതുവരെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പദ്യത്തിൽ ഓരോ ദിവസം കടന്നു ഇനി നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പോണം ഇന്ന് സ്പീഡിൽ പോകണം എന്ന് വന്നത് പക്ഷേ സംഗതി മാറിക്കട്ടെ